താൻ രക്ഷപ്പെടുമെന്ന് കരുതിയവനോട് അദ്ദേഹം പറഞ്ഞു നിന്റെ യജമാനന്റെ അടുക്കൽ എന്നെ ഓർക്കണേ എന്നാൽ പിശാജ് അവന് തന്റെ യജമാനനെ ഓർമ്മിപ്പിക്കാൻ വിട്ടുകൊടുത്തില്ല അങ്ങനെ അദ്ദേഹം ഏതാനും വർഷങ്ങൾ കൂടി ജയിലിൽ കഴിഞ്ഞു